ഇസ അലൈ ഇസ്ലാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ജ്ഞാനവുമായി വന്നിരിക്കുന്നു നിങ്ങൾക്കിടയിൽ അഭിപ്രായവ്യത്യാസമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു ഞാൻ വന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുസുബഹാനഹുവലെയെ ഭയപ്പെടുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക